ഒ മുഹമ്മദ് നബിസല്ലാഹു അലഹി വസ്ല്ലം നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് നീ എത്തിച്ചു കൊടുക്കുക നീ അത് ചെയ്തില്ലെങ്കിൽ നീ അവൻറെ സന്ദേശം എത്തിച്ചു കൊടുത്തു എന്ന് പറയാനാവില്ല അള്ളാഹുസുബാനഹുവായാല നിന്റെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും തീർച്ചയായും അള്ളാഹുസുബാനഹുവത്ത് ആയാല സത്യനിഷേധികളായ ജനങ്ങളെ നേർവഴിയിലാക്കുകയില്ല